ശൈമുഖേശന <laughs> ശിവസ സുരജി ഭഗവത്പാദ സങ്കരം സംഗേ iph людей ¿łęyi? 埔 forty best aerial饭 发生啊 booster साद सन कुकुमरद्वेदत्न मुपसिदस्तर्धं वक्षति सहोवाच्वेदं भगवो अध्ये में യജു സമവേദം മാഥർ ചതുസപുരാണമേ പരാശിം ദം നിധി വാവാക്േക്കാൻ ദവിദ്യം ബ്രഹ്മവിദ്യം ഭൂതവിദ്യം ക്ഷത്രവിദ്യം നക്ഷത്രവിദ്യം സർപ്പവജനവിദ്യം എന്തവോ അധ്യേമേ സോഹം ഭഗവോ മന്ത്രവിദവി ശ്രുതം ഭഗവേഭ്യോമാഗവശോചാ ഭഗവാൻ ശാരം താരയത് ഇംവാച യേക്കിച്ച് അധ്യഗമേത യസ്ഥരാജിത്ര പേരാജ്യമാന പ്രത്യാഖ്യമാന പ്രതി പുരുഷോതി യുവാചോതിഭ്യ പറഞ്ഞ ദൃഷ്ടാന്തത്തിലൂടെ എന്താണ് ആത്മാപരോക്ഷം അതിനൂടെ അവസാനിപ്പിക്കുകയാണ് അതേയുക്തം ആചാര്യവാൻ പുരുഷവേദി പറഞ്ഞു ആചാര്യവാൻ പുരുഷവേദ അവിടെ എന്താണ് ആചാര്യന്റെ പ്രാധാന്യം യഥോ വാച്ച ഒന്ന് വർത്തന്തേ ഇത് രണ്ടും പറയുന്നു ഒരിടത്ത് പറഞ്ഞിരിക്കുന്നത് ആചാര്യവാൻ പുരുഷ ആചാരിവാനായ പുരുഷൻ ഗുരുവൻ ആചാര്യന്റെ സഹായത്തോടു കൂടി മാത്രം ഇതിനറിയുന്നുള്ളു എന്നിട്ട് പറയുന്നു ഏതോ വാച്ച വർത്തന്തേ മനസ്സുകൊണ്ട് ഇതിനറിയാനും പറ്റുന്നില്ല ാര്യം പറഞ്ഞു ഈ രണ്ടും ഇവിടെ സമന്വയിപ്പിച്ച് മനസ്സിലാക്കണമെന്നാണ് അറിയുന്നു എന്ന് പറയുന്നു അറിയുന്നില്ലെന്നും പറയുന്നു മനസ്സവിടെ എത്തുന്നില്ല എന്ന് പറഞ്ഞാൽ അറിയുന്നില്ല അപ്പൊ അറിയുന്നില്ലെങ്കിൽ പിന്നെ ആചാര്യന്റെ ആവശ്യം ആചാര്യന്റെ ആവശ്യം വരുന്നില്ല അറിയുന്നില്ലെങ്കിൽ െ പ്രത്യേകിച്ച് എടുത്ത് പറയും ഇവിടെ അദ്വൈത ബോധത്തെ കുറിച്ചാണ് പറയുന്നത് അതിന്റെ അദ്വൈത വിചാരം മനനം അതിന് ആചാര്യൻ കൂടിയേ പറ്റും ആചാര്യനും കൂടാതെ സാധ്യത കാരണം മനനം എന്ന് പറയുമ്പോൾ അവിടെ ബുദ്ധിദോഷങ്ങളെ ദൂരീകരിക്കുന്നതാണ് അതിൻ്റെ ഫലമാണ് നിധ്യാസനം എന്ന് പറയുന്നത് അല്ലെങ്കിൽ നിശ്ചയം വിജ്ഞായ എന്ന് പറയുന്നത് അദ്വീത സാധന എന്ന് പറയുന്നത് മുഖ്യമായിട്ടും ശ്രവണം മനനം നിധ്യാസനം ഈ മൂന്ന് കാര്യം അതാണ് മുഖ്യം ബാക്കി വരുന്ന എല്ലാ സാധനങ്ങളും വിപത്പാധികളല്ല ഇവിടെ ഗൌണസാധന എന്ന് പറയും അതിന്റെ അതിനുള്ള യോഗ്യതകളെ സമ്പാദിക്കുന്നതിന് മാത്രമേ ഉപകരിക്കസനം എന്ന് പറയുന്ന ഈ സാധനം എന്ത് മോക്ഷത്തിന്റെ സാധനം മോക്ഷം എന്ന് പറയുമ്പോൾ പക്ഷേ കാലം പറഞ്ഞു സസമ്പത്തി അതാണ് മോക്ഷം അതിനുവേണ്ടി പറഞ്ഞു ശ്രുത്വത്വ വിജ്ഞായ അഥ സസമ്പത്തി എന്ന് പറഞ്ഞു പ്രത്യേകം പിന്നീട് സസമ്പത്തി അതാണ് ഈ സാധനയുടെ അവസാനം വിജ്ഞാതം ശക്യത എന്നും പറയും അപ്പൊ ആ വിജ്ഞാനത്തിന് ശേഷം സസമ്പത്തി അതിൻ്റെ ഇടയ്ക്കുള്ള കാലം അതിനാണ് ജ്ഞാനി എന്ന് ഇവിടെ ആചാര്യവാൻ ആചാര്യൻ എന്ന് പറയുന്നത് ഒരു ജ്ഞാനിയാണ് ആചാര്യൻ എന്ന് പറയുന്നത് വിജ്ഞാന ഫലമുള്ളവൻ അതാണ് ഞാൻ ഇവിടെ പറയുന്നത് അദ്വൈതത്തിൽ പറയുന്നു ആ വിജ്ഞാനഫലം എന്താണ് ഞാനീ കാണുന്ന വിജ്ഞാനഫലം അജ്ഞാന സംശയകാര്യങ്ങൾ നീങ്ങിയിരിക്കുക അതാണ് വിജ്ഞാനഫലം എന്നുള്ളത് എന്തിനെ സംബന്ധിച്ചുള്ള അജ്ഞാന സംശയകര്യങ്ങൾ ഈ സ്വസ്വരൂപത്തെ സംബന്ധിച്ചുള്ള അത് ഏത് തരത്തിലായിരിക്കും അതിനാണ് ഈ ഭാഷകാരൻ കൊടുത്ത ദൃഷ്ടാന്തം സ്വരാജികായ ദൃശ്യമാനായ എന്ന് പറയുന്ന ദൃഷ്ടാന്തം കൊടുത്ത ഈ ദൃഷ്ടാന്തം ആത്മാപരോക്ഷം എന്ന് പറയുന്നതിന് ഏറ്റവും ഉത്തമമായ ദൃഷ്ടാന്തമാണിത് അതുകൊണ്ട് തന്നെ ഇത് വളരെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു ദൃഷ്ടാന്തമാണ് ആത്മാപരോക്ഷത എന്ന് പറയുന്നത് ഏത് തരത്തിലായിരിക്കും ഒരു ഛത്ര ധ്വജപതാകൾക്കിടയിലൂടെ രാജാവിന് മനസ്സിലാകും ഇവിടെ ആത്മാവ് ഗ്രഹിക്കുക ഒരുവൻ ഈ ഛത്ര ധ്വജപതാകൾ എന്നൊക്കെ പറയുന്നതിന്റെ സ്ഥാനത്താണ് അവപഞ്ചബോധം ശരീരം മനസ്സേന്ദ്രിയങ്ങളെല്ലാം ഇതിന്റെ സ്ഥാനത്താണ് ഇതിന്റെയൊക്കെ ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന ഒന്നാണ് രാജാവ് അതിന്റെ സ്ഥാനത്താണ് ഇവിടെ സ്വസ്വരൂപം സ്വസ്വരൂപത്വം മറച്ചിരിക്കുന്നതാണ് ഈ പറയുന്ന അലങ്കാരങ്ങളെല്ലാം ഇതിനുള്ളിലുള്ള ഇതിനെ ധരിക്കുക ദുഷ്ടാന്തീതം തമ്മിലുള്ള വ്യത്യാസം എന്താണ് ദുഷ്ടാന്തത്തിൽ ഒരാള് മറ്റൊരു രാജാവിനെ ആഗ്രഹിക്കുന്നു രാജാവിൽ നിന്ന് വേറിട്ട ഒരാൾ അയാളുടെ ഊഹാപോഹ സാമർഥ്യവും മറ്റും കൊണ്ട് ഇത്രയും ആർഭാടത്തോടുകൂടി സഞ്ചരിക്കുകയാണെങ്കിൽ അത് രാജാവായിരിക്കും വേറൊരാളായിരിക്കില്ല അതുകൊണ്ട് വേറെ ആൾക്കും അതിനവകാശമുണ്ട് രാജാവ് തന്നെ എന്ന് വരുന്നു വിടെ ആത്യന്തികമായ നിശ്ചയം വരുന്നു പക്ഷെ നിശ്ചയം വരുന്ന ആളുകൾ രാജാവിനെ കാണുന്നുണ്ടോ ഇല്ല രാജാവയുടെ അക്ഷിവിഷയമാകുന്നില്ല പ്രത്യക്ഷ വിഷയമാകുന്നില്ല രാജാവ് കാരണമുടത്തെ പ്രത്യേകത സൂര്യനെ കാണുന്നു എന്ന് പറയുന്നത് അക്ഷിവിഷയം പ്രത്യക്ഷമാകുന്നു പക്ഷെ രാജാവ് പ്രത്യക്ഷ വിഷയമാകുന്നില്ല പക്ഷേ അയാളുടെ മനസ്സിൽ നിശ്ചയമുണ്ടാവുകയും ചെയ്യുന്നു ഈ പുസ്തകം മുമ്പിലിരിക്കുമ്പോൾ ഇത് കണ്ടിട്ടാകുമ്പോൾ നിശ്ചയിക്കുന്നത് ഇത് പുസ്തകമാണ് ഭക്ഷ്യ വിഷയമാകുമ്പോൾ നിശ്ചയം ഇത് മറ്റൊന്നുമല്ല പുസ്തകം തന്നെ ഇത് പ്രത്യക്ഷ ജ്ഞാനം അസിയും വേറെ പറയുന്നു വിശപ്പുറത്ത് പുസ്തകരുപ്പുണ്ട് എനിക്കവിടെയും ജ്ഞാനം ഉണ്ടാവുന്നു പക്ഷെ അവിടെ അത് പ്രത്യക്ഷമാവുന്നില്ല അതുകൊണ്ട് തന്നെ പരോക്ഷം എന്ന് പറയുന്നു ആ ജ്ഞാനം ഉണ്ടായി എന്നാൽ അത് കണ്ണിന് വിഷയമല്ല ചക്ഷേന്ദിന്യത്തിനും വിഷയമല്ല പക്ഷെ അവിടെ എന്തു വരുന്നു പറഞ്ഞ ആള് എനിക്ക് വിശ്വസിക്കത്തക്കയാളാണെങ്കിൽ ഞാനിവിടെ വരുന്നതിന് മുമ്പ് തന്നെ പറഞ്ഞു അവിടെ പോകാം മേശപ്പുറത്ത് പുസ്തകം ഉണ്ട് അതെടുത്ത് വായിക്കാം അപ്പൊ എനിക്ക് എന്നോട് പറഞ്ഞയാള് എനിക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ ആ പറഞ്ഞയാള് സത്യം പറയുന്ന ആളാണെങ്കിൽ ആ വാക്യത്തിൽ നിന്ന് എനിക്കുണ്ടായതും നിശ്ചയപൂർവ്വമായ ജ്ഞാനം തന്നെ പുസ്തകത്തെ കുറിച്ചുള്ള ജ്ഞാനം തന്നെ ഉണ്ടായത് പക്ഷെ അത് പ്രത്യക്ഷമൊന്നും പറയാൻ പറ്റില്ല അതുകൊണ്ട് അതിന് പരോക്ഷമെന്ന് പറയുന്നു എന്തുകൊണ്ടാണ് അതിന് പരോക്ഷമെന്ന് കാരണം ഇവിടെ വിഷയം ഞാൻ നേരിട്ട് കണ്ടായാലും ശരി ഒരാൾ പറഞ്ഞറിഞ്ഞാലും ശരി വിഷയം എന്റെ ബുദ്ധിയുടെ വിഷയമാണ് അത് ഒന്നുകിൽ പ്രത്യക്ഷമായിരിക്കും അല്ലെങ്കിൽ പരോക്ഷമായിരിക്കും ഇവിടെ ദൃഷ്ടാന്തത്തിൽ എന്താണോ ഇവിടെ കാണുന്നയാൾ നേരിട്ട് കാണുന്നുണ്ട് പക്ഷെ അയാൾക്ക് കാണാൻ കഴിയുന്നില്ല അയാളുടെ അക്ഷി അക്ഷിവിഷയമല്ലാ മറഞ്ഞിരിക്കുന്നു പക്ഷെ അയാൾക്ക് യാതൊരു സംശയവും കൂടാതെ ഞാനുണ്ടാകുന്നു ഇതും അവിടെയും രാജാവ് ജ്ഞാനത്തിന് വിഷയമാണ് അതുകൊണ്ട് തന്നെ പരോക്ഷം എന്ന് പറയുന്നത് പരോക്ഷജ്ഞാനമുണ്ട് പക്ഷെ സംശയമില്ല അത് ദാഷ്ടാന്തത്തിൽ ആത്മാവിനെ സംബന്ധിച്ച് എന്താണ് ശ്രുതി ബോധിപ്പിക്കുന്നു ശ്രുതി സത്യവചസ്സാണ് സത്യമാ ബോധിപ്പിക്കുന്നു വന് ശുതിയിൽ പൂർണ്ണമായ ശ്രദ്ധയുണ്ട് പക്ഷെ ആത്മാവയുടെ കണ്ണിന് വിഷയമാണോ അതാകുന്നില്ല വസ്തുവ വിഷയമാകുന്നതുപോലെ അത് കണ്ണിന് വിഷയമാകുന്നില്ല അതുകൊണ്ടതിന് പ്രത്യക്ഷമെന്ന് പറയാൻ പറ്റത്തില്ല ആത്മപ്രത്യക്ഷം ആത്മാവിനെ സംബന്ധിച്ച് ഇത് പരോക്ഷം എന്ന് പറയാൻ പറ്റുമോ പറ്റത്തില്ല നമ്മൾ സാധാരണ രീതിയിൽ കണ്ണിനു വിഷയമല്ലെങ്കിൽ പരോക്ഷമൊന്നുകൂടി പക്ഷെ ഇവിടെ ആത്മാവിനെ സംബന്ധിച്ച് പരോക്ഷം എന്ന് പറയാൻ പറ്റത്തില്ല എന്തുകൊണ്ട് അവിടെയാണ് നിന്റെ മുഖ്യമായ വ്യത്യാസം വരുന്നത് ഇതിവിടെ ശ്രുതി ബോധിപ്പിക്കുന്നത് അവന്റെ തന്നെ സ്വരൂപത്തെയാണ് ജ്ഞാനത്തിന്റെ വിഷയത്തെ അല്ല ബോധിപ്പിക്കുന്നത് പുസ്തകത്തെ ബോധിപ്പിച്ചാലും രാജാവിനെ ബോധിപ്പിച്ചാലും എല്ലാം ജ്ഞാന വിഷയത്തെയാണ് ഇവിടെ സ്വരൂപത്തെ ബോധിപ്പിക്കുന്നു ഇത് ബുദ്ധിക്ക് വിഷയമാകുന്നില്ല ശ്രുതി ബോധിപ്പിച്ചിട്ടും ബുദ്ധിക്ക് വിഷയമാകുന്നില്ല ബുദ്ധിക്ക് വിഷയമാകുന്നതെല്ലാം ഇവിടേക്ക് ഒരു കാര്യം ബുദ്ധിക്ക് വിഷയമാകുന്നു അതെല്ലാം പരോക്ഷമായിരുന്നിട്ട് പ്രത്യക്ഷമാകുന്നു ഒരിക്കലും പരോക്ഷമായിരുന്നു എന്നിട്ട് പ്രത്യക്ഷമാണ് പുസ്തകം ഞാനിവിടെ വന്ന് ഇത് നേരിട്ട് കാണുന്നതിന് ഇതെനിക്ക് പരോക്ഷമായിരുന്നു പരോക്ഷമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യക്ഷമല്ലാതെ അറിഞ്ഞെന്നോ അല്ലെങ്കിൽ അറിയാതിരുന്നോ രണ്ടിനീക്കാം രണ്ടിനെയും പരോക്ഷമെന്ന് പറയാം അക്ഷണ പരം എന്നാണ് അത് എന്റെ കണ്ണിനപ്പുറമായിരുന്നു ചിലപ്പം പക്ഷേ എന്റെ അറിവിലുണ്ടായിരുന്നു ചിലപ്പോൾ അതെന്റെ അറിവിനും അപ്പുറമായിരിക്കും ഇതിനെക്കുറിച്ച് എനിക്ക് അറിവേ ഉണ്ടായിരുന്നില്ല ഇവിടെ ആരും പറഞ്ഞും കേട്ടില്ല ഒരു തരത്തിനും പറഞ്ഞു അതിനെയും പരോക്ഷം ഒന്നു പക്ഷേ മനസ്സിന് ബോധ്യം വന്ന് ചക്ഷിട്ട് ഇന്ദ്രിയത്തിന് വിഷയമാകില്ല അതിനേം പരോക്ഷം ഇവിടെ ആത്മാവിനെ സംബന്ധിച്ച് പറയുമ്പോൾ അത് ബുദ്ധിക്ക് വിഷയമല്ല പ്രസവം എന്ന് പറയുന്നത് വിഷയമാണ് അതുകൊണ്ട് അതിന് പരോക്ഷമായി ഇരിക്കാം പ്രത്യക്ഷമായിരിക്കാം രണ്ട് രീതിയിലും ഇരിക്കാം അതിനെക്കുറിച്ച് അറിയാതിരുന്നാൽ പരോക്ഷം നേരിട്ട് കാണാതിരുന്നാൽ പരോക്ഷം നേരിട്ട് കാണുമ്പോൾ പ്രത്യക്ഷം കാരണം ഇത് ജ്ഞാന വിഷയം ബുദ്ധിക്ക് വിഷയമായ ഒന്നാണ് ആത്മാവിനെ സംബന്ധിച്ച് പറയുന്നത് അതിനെ ബുദ്ധിക്ക് വിഷയമാക്കാൻ ഒരിക്കലും കഴിയത്തില്ല എന്നാൽ അത് ഒരിക്കലും പരോക്ഷമായിരിക്കുമില്ല എന്നാൽ അത് പ്രത്യക്ഷമാകുമോ ഇന്ദ്രിയ വിഷയമോ അല്ലെങ്കിൽ ബുദ്ധി വിഷയം എന്നുള്ള നിലയ്ക്ക് അത് പ്രത്യക്ഷമാകത്തുമില്ല അതിനാണീ ദൃഷ്ടാന്തം രാജാവിനെ കണ്ടോ കണ്ടില്ലല്ലോ പക്ഷെ രാജാവൊണ്ടെന്ന് ബോധ്യമുണ്ട് അതിന് വേണ്ടിയിട്ടാണ് ഈ ഉദാഹരണത്തെ പറയുന്നത് ആ ഒരു അംശത്തെ വ്യക്തമാക്കുന്നത് ആ ബോധ്യമെന്ന് പറഞ്ഞാൽ അവിടെ സംശയം വിപരി ബോധ്യമുണ്ട് അത് ബുദ്ധിവിഷയമായ ഒന്നാണ് ബുദ്ധിവിഷയമായ ഒന്നിൽ അങ്ങനെ നിശ്ചയമുണ്ടാകാം പ്രത്യക്ഷമെന്ന് പറയാ പ്രത്യക്ഷമായ നിശ്ചയം ഉണ്ടാകുന്നു ഇവിടെ ആത്മാവിനെ സംബന്ധിച്ചാണെങ്കിലോ അത് ബുദ്ധി വിഷയമാകുന്നില്ല ബുദ്ധി വിഷയമാകാത്ത ഒന്നിനും ഒരിക്കലും പ്രത്യക്ഷ നിശ്ചയം ഉണ്ടാകത്തില്ല ഇത് പ്രത്യക്ഷ നിശ്ചയം വന്നത് ഇത് ബുദ്ധിക്ക് വിഷയമായതുകൊണ്ടാണ് പക്ഷെ ആത്മാവിനെ സംബന്ധിച്ച് അത് പ്രത്യക്ഷ നിശ്ചയം വരത്തില്ല പിന്നെന്താ ആത്മാവിനെ സംബന്ധിച്ച് പറയുന്നത് ഇതുപോലെ രാജാവിനെ കണ്ടില്ലല്ലോ കണ്ടില്ലെങ്കിലും നിശ്ചയം ആത്മാവിനെ സംബന്ധിച്ചും അങ്ങനെ ഒരു നിശ്ചയം വരുന്നു അതിന് പറയുന്നവരാണ് അപരോക്ഷം അനുസാഹ പ്രത്യക്ഷമെന്നല്ല പറയുന്നത് എവിടെയെങ്കിലും പ്രത്യക്ഷമെന്ന് പറഞ്ഞാലും അതിന് അപരോഷമെന്ന് തിരിച്ചതാണ് പ്രത്യക്ഷം അപരോഷമെന്ന് പറയുന്നതിന്റെ വ്യത്യാസം മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത് പ്രത്യക്ഷം ജ്ഞാന വിഷയമായ ഏതിൽ സംഭവിക്കാം അതിന് പ്രത്യക്ഷത്തിനുള്ള യോഗ്യത വേണം ഏതിൽ സംഭവിക്കാം പുസ്തകം പ്രത്യക്ഷമാണ് പക്ഷെ പരമാവക്ഷമല്ല കാണാൻ പറ്റുന്നില്ല എന്നാലത് മനസ്സിന്റെ വിഷയമാണ് അവിടെയും മനസ്സിന്റെ പ്രത്യക്ഷമാണോ അല്ല പരമാണുവിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നുണ്ടോ അത് മനസ്സിന് വിഷയമാണോ കാണാൻ വയ്യ അതുകൊണ്ട് അത് അക്ഷിക്ക് വിഷയമല്ല എന്നാൽ അത് മാനസിക പ്രത്യക്ഷമാണോ അല്ല മാനസിക പ്രത്യക്ഷോന്ന് പറയുന്നത് എന്തിനാണ് അതുപോലെ പരമാണുവിനെ പ്രത്യക്ഷമാക്കാൻ പറ്റൂല സുഖ ദുഃഖങ്ങളെല്ലാം മാനസിക പ്രത്യക്ഷമാണ് പ്രത്യക്ഷത്തിന്റെ സ്വഭാവം ഇതാണ് അതിനെ നോക്കാം ഇന്ദ്രിയ വിഷയമായിരിക്കുന്നത് മനസ്സിന് വിഷയമായിരിക്കുന്നത് ആ വിഷയങ്ങൾ പ്രത്യക്ഷമായും പരോക്ഷമായും വരിക്കും എവിടെ പ്രത്യക്ഷമാകുന്നു അത് പരോക്ഷമായിരുന്നിട്ട് പിന്നീട് പ്രത്യക്ഷമാകും ഏതായാലും ശരി നമ്മൾ വരുന്ന ഇത് പ്രത്യക്ഷമായി ഇത് മനസ്സിന്റെയും ഇന്ദ്രിയങ്ങളുടെയും വിഷയങ്ങളെ സംബന്ധിച്ചുള്ള പ്രത്യക്ഷ പരോക്ഷ സ്ഥിതി സ്വസ്വരൂപത്തെ സംബന്ധിച്ച് അങ്ങനെയല്ല അത് മനസ്സിനോ ഇന്ദ്രിയങ്ങൾക്കോ വിഷയമല്ല അതുകൊണ്ടത് പ്രത്യക്ഷം എന്നു പരോക്ഷമെന്ന് പറയാൻ മതി അത് രണ്ടും അല്ലാത്തതുകൊണ്ട് അതിന് കൊടുത്തിരിക്കുന്ന പേരാണ് അപരോക്ഷം ഇതാണ് പ്രത്യക്ഷവും അപരോക്ഷം തമ്മിലുള്ള വ്യത്യാസം അപരോക്ഷം എന്ന് പറഞ്ഞാൽ അത് അറിയാതിരുന്നിട്ട് അറിയുന്ന ഒന്നല്ല പ്രത്യക്ഷം പോലെ പ്രത്യക്ഷം അതാണ് നമ്മളറിയാതിരുന്നിട്ട് പിന്നീട് അറിയുന്നത് അനധികതഗതം എന്ന് പറയും അനധികതമായിരുന്നിട്ട് പിന്നീട് ഗതമാകുന്നു അറിയാതിരുന്നിട്ട് അതറിയുന്നു ആത്മാവിനെ സംബന്ധിച്ച് അങ്ങനെയല്ല അത് അപ്രോക്ഷമാണ് മാത്രമല്ല അതിനൊരിക്കലും പരോക്ഷമായിരിക്കാൻ കഴിയത്തുമില്ല അത് മനസ്സിനോ ഇന്ദ്രിയങ്ങൾക്കോ വിഷയമായി അത് പ്രത്യക്ഷമാകുന്നില്ല രാജാവും രാജാവ് പ്രത്യക്ഷമായില്ല പക്ഷേ അയാളുടെ അയാൾക്ക് നിശ്ചയം വന്ന അതിനെ സംബന്ധിച്ചു പ്രത്യക്ഷമാകാതെ തന്നെ നിശ്ചയം വന്നു അത് എങ്ങനെ സംഭവിച്ചു ആദ്യം അയാൾ കാണുന്ന എന്താണോ ഛത്രദ്വജ പതാവുകളൊക്കെ കാണുന്നു പിന്നീട് അയാളുടെ മനസ്സ് പ്രവർത്തിക്കുന്നു എന്താണിത് ജന്തിന്റെ അടയാളമാണോ അത് മനനം പറയുന്നു ശ്രവണത്തിൽ പ്രതീതി ഉണ്ടാകുന്നു എന്ന് പറയും ആത്മാവിനെ സംബന്ധിച്ച് പറയുന്നു ഇവിടെ അതാണ് ശത്രു ധം പതാക എല്ലാം കാണുമ്പോൾ പ്രതീതി ഉണ്ടാകുന്നു ഓ ഇത് രാജാവ് ഉയർന്നു ആരോ പോവുകയാണ് ഇത് സാധാരണ ഒരു കാര്യമല്ല പിന്നെ അവിടെ ചോദ്യം വരുന്നു ആരായിരിക്കും അടയാളങ്ങളെല്ലാം നോക്കുന്നു അപ്പോൾ അടയാളങ്ങളെല്ലാം കാണുമ്പോൾ ഇത് രാജാവ് തന്നെയാണ് മനനം അതാണ് മറ്റാരെങ്കിലുമെല്ലാം ആകാമോ ആ സാധ്യതകളെല്ലാം നിഷേധിക്കുന്നു മനനത്തിന് ഇങ്ങനെ കാണുന്നു ഒന്നുമില്ല രാജാവിനെ ഇന്നും അവിടെ കാണുന്നില്ല പക്ഷെ അവരുടെ മനസ്സ് നിശ്ചയിക്കുന്നു രാജാവ് തന്നെ നിശ്ചയം അതാണ് വിജ്ഞായ ആ വിഷയത്തെ സംബന്ധിച്ച അറിവ് അവിടെ പൂർണ്ണമായി പിന്നെ അയാൾക്ക് പോയി മറയെല്ലാം മാറ്റി രാജാവിനെ ബോധിക്കാൻ വേണ്ടിയിട്ട് കാണേണ്ട കാര്യമില്ല കണ്ണുകൊണ്ട് കാണേണ്ട കാര്യമില്ല അയക്കൊണ്ടായ അറിവ് പൂർണ്ണമാണ് ഇവിടെ അതുപോലെ പറയുന്നു ആത്മാപരോക്ഷം ആത്മാ അപ്രോക്ഷ സ്വരൂപമാണെന്നാണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം മറ്റു ബുദ്ധിക്കും ഇന്ദ്രിയത്തിനും വിഷയമായതുകൊണ്ട് അത് പ്രത്യക്ഷമായി ബാഹ്യമായി ഇത് ബുദ്ധിക്കോ ഇന്ദ്രിയത്തിനോ വിഷയമല്ലെങ്കിലും ഇത് സ്വയം അപരോക്ഷരൂപത്തിൽ തന്നെ ഇരിക്കുന്നു പ്രത്യക്ഷം എന്ന് പറഞ്ഞാൽ എന്റെ അടുത്ത് അപരോക്ഷം മനസ്സിലാക്കുന്നു രണ്ടും തമ്മിൽ അങ്ങനെയാണ് വ്യത്യാസപ്പെടുന്നത് പ്രത്യക്ഷം എന്ന് പറയുമ്പോ അക്ഷിക്ക് അല്ലെങ്കിൽ മനസ്സിന് വിഷയമാകുകയും അത് പ്രകാശിക്കുകയും ചെയ്യുന്നു പ്രത്യക്ഷത്തിന്റെ സ്വഭാവം സാമാന്യ സ്വഭാവം അതാണ് പ്രത്യേകത എന്താണ് മനസ്സിനോ ഇന്ദ്രിയത്തിനോ വിഷയമാകാതെ സദാ പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നു ഈ വിഷയവിഷയഭാവത്തെ സൃഷ്ടിക്കുന്ന അതാണ് ആത്മാവിന്റെ പ്രകാശത്തിലാണ് വിഷയവിഷയഭാവം ഉണ്ടാകുന്നു അതായത് ബാഹ്യമായൊരു പ്രകാശമുണ്ട് സൂര്യന്റെ പ്രകാശം അല്ലെങ്കിൽ ലൈറ്റിന്റെ പ്രകാശം ബാഹ്യമായൊരു വസ്തുവുമുണ്ട് രണ്ടുമുണ്ട് പക്ഷേ രണ്ടും കൊണ്ട് കാര്യം നടക്കത്തില്ല പുറമേയിരിക്കുന്ന വസ്തുവിനെ നമുക്ക് കാണാൻ പറ്റുന്നില്ല ഒന്ന് പ്രകാശമാണ് അത് രക്ഷിത മാറ്റുന്നതാണ് ബാഹ്യമായിരിക്കുന്ന വിഷയത്തെ അത് കാണിച്ചു കാണിക്കാൻ അതിന് കല്പുള്ളതാണ് പക്ഷെ ഒരു പ്രകാശം കൂടി വേണം ഉള്ളിൽ നിന്നുള്ള പ്രകാശം ഉള്ളിൽ നിന്നുള്ള പ്രകാശത്തിൽ ഇത് രണ്ടും പ്രകാശിക്കും ഏത് സൂര്യന്റെ പ്രകാശവും വസ്തുവും രണ്ടും പ്രകാശിക്കുമ്പോൾ നമ്മൾ പറയുന്നതാണ് ഇത് പ്രത്യക്ഷമായി എന്ന് പറയുന്നത് അപ്പൊ ആ ഉള്ളിലിരിക്കുന്ന പ്രകാശമോ അത് അപരോക്ഷം കാരണം അതിനെ പ്രകാശിപ്പിക്കാനായി ബാഹ്യമായി ഒന്നുമില്ല അത് സ്വയം തന്നെ തന്നെ പ്രകാശിപ്പിച്ചുകൊണ്ടിരിക്കുന്നു അതേസമയം അത് വിഷയങ്ങളെയും പ്രകാശിപ്പിക്കുന്നു അതുകൊണ്ട് അതിനെ അപരോക്ഷം ഒന്നുമില്ല അത് പ്രത്യക്ഷമാണ് അപരോക്ഷത അത് പ്രത്യക്ഷം പോലെയല്ല പ്രകാശത്തിന് വിഷയമായിട്ട് പ്രകാശിക്കുന്ന ഒന്നല്ല മറിച്ച് അത് എല്ലാ പ്രകാശങ്ങളെയും പ്രകാശിപ്പിക്കുന്നതാണ് എന്നുള്ളത് മനസ്സിലാക്കി തരുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ദൃഷ്ടാന്തം ഇതപരൂക്ഷമാണ് ഇതിന്റെ പ്രത്യക്ഷ അല്ലെങ്കിൽ ഇതിന്റെ അനുഭവം ആത്മാനുഭവം എന്നെല്ലാം നമ്മൾ പറയുന്നതും വിഷയാനുഭവത്തെ പോലെ അല്ല ഒരുവന് സാധാരണ പരിചയമുള്ളത് ഈ വിഷയപ്രത്യക്ഷമാണ് ഈ വിഷയപ്രത്യക്ഷത്തിന്റെ അനുഭവം വെച്ചുകൊണ്ട് അതായത് ഒരിക്കലത് പരോക്ഷമായിരിക്കും പിന്നീട് പ്രത്യക്ഷമായി തീരുകയും ചെയ്യുന്ന ഈ വിഷയ ജ്ഞാനത്തിന്റെ സ്വഭാവം വെച്ചുകൊണ്ട് ഒരാൾ കരുതുന്നു ഞാൻ അജ്ഞനാണ് ഇത്രയും കാലം ഞാൻ അജ്ഞനായിരുന്നു എനിക്ക് ആത്മാവിനെതിരെ പ്രത്യക്ഷം ഉണ്ടാവണം എന്ന് കരുതുന്നു അത് ഈ വിഷയ അനുഭവ സംസ്കാരങ്ങളിലുള്ളതുകൊണ്ടാണ് അങ്ങനെ കരുതുന്നത് ഇതതുപോലെ സാധ്യമല്ല കാരണം ഇവിടെ എന്താണ് ഇയാൾ രാജാവിനെ കണ്ടോ പ്രത്യക്ഷമാക്കിയില്ല എന്നാൽ അയാളുടെ സംശയം എന്തെങ്കിലും ഉണ്ടോ വിപര്യമുണ്ടോ അജ്ഞാനമുണ്ടോ ഇല്ല അപ്പൊ പ്രത്യക്ഷമാക്കാതെ തന്നെ അയാളിൽ ഈ മൂന്ന് ദോഷങ്ങളും മാറി അപ്പൊ അയാളുടെ ആന്തരികമായ ബോധമുണ്ടായി രാജാവാണ് അതിന് മൂന്ന് കാര്യം സംഭവിച്ചു ശ്രവണം പ്രതീതി മനനം അതിനെ കുറിച്ചുള്ള ഊഹാപോഹങ്ങൾ അവസാനം നിശ്ചയം ജ്ഞാനം നിധ്യാസനോ നിശ്ചയമുണ്ടാകും അതുപോലെ ഇവിടെയും എന്താ പറയുന്നു ഇവിടെ വരുന്ന വ്യത്യാസം എന്താണ് അവിടെ ബാഹ്യമായ ഒന്നിനെ ഇത് സംഭവിക്കുന്നു ശ്രവണ മനനം നീതിഹാസനം അവിടെ പ്രത്യക്ഷ ജ്ഞാനം ഉണ്ടാകുന്നു അത് ബാഹ്യമായി തോന്നുന്നു കണ്ണുകൊണ്ട് കാണാതെ തന്നെ അത് പ്രത്യക്ഷമായി എന്നുള്ള പ്രത്യക്ഷ ബോധ്യം ഉണ്ടായി കണ്ടുകൊണ്ട് കാണുന്നില്ല പക്ഷേ അതിന് അപരോക്ഷം എന്ന് പറയാൻ പറ്റും അത് ബാഹ്യമായതുകൊണ്ട് ബുദ്ധിക്ക് വിഷയമായതുകൊണ്ട് ഇവിടെ അങ്ങനെയല്ല ഇത് സ്വസ്വരൂപമായതുകൊണ്ട് ബുദ്ധിക്ക് വിഷയമല്ലാതെ തന്നെ സാക്ഷാത് അപരോക്ഷാൽ എന്ന് പറയുന്നു സ്വയം പ്രകാശരൂപത്തിലിരിക്കുന്നത് കൊണ്ടും ഇതിന്റെ അപരോക്ഷത ബാഹ്യമായ പ്രത്യക്ഷം പോലെ അല്ല ഇവിടെ സംഭവിക്കുന്നു ഇവിടെ ഇത് ബാഹ്യമായി എങ്ങനെയാണോ രാജാവിന്റെ കാര്യത്തിൽ നിശ്ചയം അതുപോലെ ഇതിന്റെ കാര്യത്തിനും നിശ്ചയം ആവശ്യമാണ് വിജ്ഞാനം ആവശ്യമാണ് വിജ്ഞാനം എന്ന് പറയും ആത്മാനുഭൂതി എന്ന് പറയും ആത്മാപരോക്ഷത എന്ന് പറയും അതെങ്ങനെയാ ഇവിടെയും ഉപായം ശ്രവണം പ്രതീതി ഉണ്ടാവുന്നു ഈ പറയുന്നത് ശ്രവണത്തിനദാ സംഭവം ഒരു പ്രതീതി നമ്മൾ പറയും ആ ആത്മാവാണെന്നും മറ്റും കേട്ടു ആണെന്ന് തോന്നുന്നു പക്ഷെ ആണെന്ന് ഉറപ്പില്ല അത് സംഭവിക്കുന്നു പക്ഷെ അവിടെ സംശയങ്ങൾ വരും അങ്ങനെ താൻ ആത്മാവാണെങ്കിൽ എന്തുകൊണ്ട് തന്നെ അറിയുന്നില്ല നേരത്തെ ചോദിച്ചുണ്ട് എന്തുകൊണ്ട് അത് അനുഭവത്തിൽ വരുന്നില്ല എന്താണ് അതിൻ്റെ ദോഷങ്ങൾ അതെങ്ങനെ അനുഭവത്തിൽ വരും എന്തൊക്കെയാണ് തടസ്സങ്ങൾ പ്രതീതിയിൽ നിന്നും നാനാ തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടാവും പ്രതീതി ഉണ്ടാകുന്ന മനസ്സിൽ അപ്രതീതി എങ്ങനെ ഉണ്ടാവുന്ന ശ്രവണത്തിൽ നിന്ന് എന്തിന്റെ ശ്രവണത്തിൽ നിന്ന് ശ്രുതിയുടെ ശ്രവണത്തിൽ നിന്നും നിന്ന് മനസ്സിൽ പ്രശ്നങ്ങളുണ്ടാവും അതെങ്ങനെ എങ്ങനെ അത് അതിനെ പരിഹരിക്കുന്നതിനും മനനം അതിന്റെ ഫലം എന്ന് പറയുന്നത് എന്താണ് വിജ്ഞാനം അതാണ് പറയുന്നത് ശ്രുത്വ മത്വ വിജ്ഞായ ശ്രവിച്ച് മത്വ മനനം ചെയ്ത് വിജ്ഞായ വേദാന്ത അദ്വൈതം വേദാന്തം എന്ന് പറഞ്ഞ പോലെ അദ്വൈത വേദാന്തം എന്ന് പറയുന്നത് അദ്വൈത വേദാന്തത്തിലെ സാധനങ്ങൾ ഈ ശ്രവണ മനന നിധ്യാസനം എന്ന് പറയുന്ന അനുഗ്രഹം ആത്മാവാരെ ബ്രഹാന്യത്തിൽ ചർച്ച ചെയ്യൂ ശ്രോതവ്യോ മന്ദവ്യോ വിജിജ്ഞാസിതവ്യോ എന്ന അനനീതി ഇത് അദ്വൈത സാധനാ പദ്ധതി അനുസരിച്ച് പറയുന്ന വിജിജ്ഞാസിതവ്യ വിശേഷിച്ച് അതിനെ നിശ്ചയിച്ചുറപ്പിക്കേണ്ടതാണ് എന്ന് പറയും അതിനാണ് ജ്ഞാനം എന്ന് പറയുന്നത് സാമാന്യ പ്രതീതിയിൽ നിന്ന് വരുന്ന പ്രശ്നങ്ങൾ അല്ലെങ്കിൽ അതിനുള്ള സംശയങ്ങളെന്ന് പറയാം വികല്പങ്ങൾ എന്ന് പറയാം അതിനെയെല്ലാം മനനം കൊണ്ട് പരിഹരിക്കുന്നു അവന് ശ്രൂണത്തോടൊപ്പം മനനവും നടക്കുന്നു പറയുന്നു കേൾക്കുന്നു ഗ്രഹിക്കുന്നു ഗ്രഹിച്ചാൽ ഉടൻ ചിന്ത വരും വികല്പങ്ങൾ വരും സംശയങ്ങൾ വരും എങ്ങനെയാകാം അതിനെ പരിഹരിക്കുന്നു അതിന് സമാധാനം കിട്ടുന്നതാണ് വിജിജ്ഞാസിതവ്യുക നിശ്ചയിക്കുക അതിന്റെ സമാധാനമാണ് നിശ്ചയം മനസ്സിന്റെ നിശ്ചയസ്ഥിതി എന്തിനുള്ള നിശ്ചയസ്ഥിതി സ്വസ്വരൂപത്തിലുള്ള നിശ്ചയസ്ഥിതി ഇതൊരു വലിയ വ്യത്യാസമാണ് ബാഹ്യമായൊരു വിഷയത്തെക്കുറിച്ച് നിശ്ചയിക്കുക അല്ലെന്ന് തന്റെ സ്വരൂപത്തെക്കുറിച്ച് നിശ്ചയിക്കുക അത് തന്റെ സ്വരൂപത്തെ കുറിച്ചുള്ള നിശ്ചയമായതുകൊണ്ട് അതിന് അപരോക്ഷ നിശ്ചയം എന്ന് പറയുന്നു ബാഹ്യമായുള്ളതിനൊക്കെ നമുക്ക് പൊതുവെ പ്രത്യക്ഷ നിശ്ചയം എന്ന് പറയും ആന്തരികമായുള്ളതിന് അപരോക്ഷ നിശ്ചയം എന്ന് പറയുന്നു അത് പ്രത്യക്ഷം പോലായിരിക്കില്ല ആത്മപ്രത്യക്ഷമെന്ന് പറയുമ്പോ നമുക്ക് സാധാരണ അനുഭവപ്പെടുന്ന ഇന്ദ്രിയ പ്രത്യക്ഷം പോലെയോ മനപ്രത്യക്ഷം പോലെയോ അല്ല രണ്ടും അല്ല മനപ്രത്യക്ഷമെന്ന് പറയുന്നതിന് ഉദാഹരണം സുഖാനുഭവം തന്നെ നമുക്ക് പരമാവധി അനുഭവമുള്ള പ്രത്യക്ഷം അതാണ് ആന്തരികമായ പ്രത്യക്ഷങ്ങൾ പ്രത്യക്ഷം അതുപോലൊരു പ്രത്യക്ഷം അല്ലെ സംബന്ധിച്ച് പിന്നെന്താ ഇതിന്റെ പ്രത്യേകത ഇത് ശ്രവണ്ണം മനങ്ങളുടെ ഫലമായി വരുന്ന പ്രത്യക്ഷമാണ് നിശ്ചയരൂപത്തിലുള്ള പ്രത്യക്ഷ അവിടെ എന്ത് നിശ്ചയമാണ് വരുന്നത് സ്വസ്വരൂപത്തെ സംബന്ധിച്ച് എന്താണോ അതിന്റെ പാരമാർത്ഥിക സ്ഥിതി അതിന് വിപരീതമായി വരുന്ന കൽപ്പനകളെയെല്ലാം നിരാകരിച്ചാൽ അതിനെ സംബന്ധിച്ച് വീണ്ടും സംശയങ്ങളോ ഉയരാതിരിക്കുക നിശ്ചയത്തിന്റെ അടയാളം അതാണ് ബാഹ്യമായും ശരി ആന്തരികമായും ശരി പുസ്തകത്തെ കാണുന്നു ഞാനത് മനസ്സിലാക്കി പുസ്തകം പിന്നെ ആ വസ്തു സ്വരൂപത്തെ സംബന്ധിച്ച് പിന്നെ ചോദ്യം വരുന്നില്ല ഉറപ്പിച്ച പുസ്തകമാണ് ഇനി ഇതിന്റെ ഉള്ളടക്കത്തെ സംബന്ധിച്ച് സംശയം വരെ അത് വിഷയം മാറി ഏതൊരു വിഷയത്തെയാണോ ഞാൻ ചക്ഷേന്ദ്രിയം കൊണ്ട് ഗ്രഹിച്ചത് അതിൻ്റെ വിഷയമാണെന്ന് ഗ്രഹിക്കുന്നു ഇത് പുസ്തകമാണെന്ന് ഗ്രഹിക്കുന്നു മേസി അവിടെ എന്ത് വരുന്നു നിശ്ചയം വരുന്നു ആ കാര്യത്തിൽ പിന്നെ അവിടെ സംശയമുണ്ടോ ഇല്ല നിശ്ചയം തോടുകൂടി സംശയങ്ങളില്ലാതാകുന്നു വിജ്ഞാനത്തിൽ ചില മനനമില്ല മനനത്തിന്റെ ആവശ്യമില്ല മനനസഫലമായി വിജ്ഞാനം ഇവിടെ എന്താണ് സ്വസ്വരൂപത്തെ സംബന്ധിച്ച് സ്വസ്വരൂപത്തെ സംബന്ധിച്ച് വരുന്ന അജ്ഞാന സംശയം പരിയങ്ങൾ എന്താണ് ഇതാ മനനം കൊണ്ട് മാറുന്നു ശരോണത്തിൽ ധരിച്ചു എന്നാലും വീണ്ടും വികൽപ്പങ്ങൾ വരുന്നത് അതിനെ മനനം കൊണ്ട് മാറുന്നു ഇത് സംഭവിക്കുന്നില്ലല്ലോ ഇവിടെയാണ് ഇവിടെ പറയുന്നത് ആചാര്യവാൻ പുരുഷോ വേദ അതിന് വേണ്ടിട്ടാണ് ഇത് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത് അപ്പൊ അവിടെ ശ്രുതിയുണ്ട് ശ്രുതിയാണ് ഉപദേശിക്കുന്നത് പക്ഷെ ശ്രുതിയുടെ ഉപദേശം കേട്ടുകഴിഞ്ഞപ്പോ ശ്രുതിയിൽ നിന്ന് ഈ തത്വപ്രതീതി ഉണ്ടായപ്പോ മനസ്സിൽ വികല്പം വന്നു അതെങ്ങനെയാകും അങ്ങനെയാകും എന്ത് തരത്തിലുള്ള പ്രത്യക്ഷം അതെന്താ അപരോക്ഷം അങ്ങനെ സംഭവിക്കും എന്താണ് ബന്ധം എന്താണ് മോക്ഷം ഇതൊക്കെ വികല്പങ്ങളാണ് ഈ വികല്പങ്ങൾ പരിഹരിക്കുന്നതിനാണ് ആചാര്യന്റെ ആവശ്യം അതെങ്ങനെ ആചാര്യന് പരിഹരിക്കാൻ പറ്റും താനിത് ശ്രമിച്ചപ്പോ തന്റെ മനസ്സിൽ ഈ വികല്പങ്ങളെല്ലാം ഉണ്ടായി ഇതെങ്ങനെ ആചാര്യന് പരിഹരിക്കാൻ പറ്റുന്നു കാരണം ഈ വികല്പ പരിഹാരത്തിന്റെ ഫലം എന്ന് പറയുന്നത് നിശ്ചയമാണ് ആചാര്യൻ എന്ന് പറയുന്ന ആരാണ് നിശ്ചയമുള്ള ആൾ നിശ്ചയമുള്ള ഒരാളിന് ഒരു ജിജ്ഞാസുവിന്റെ വികല്പങ്ങളെ പരിഹരിക്കാൻ പറ്റും ആയാക്കുന്ന നിശ്ചയം നമ്മൾ സാധാരണ പറയാറില്ല പഠിച്ച വിദ്യ പഠിപ്പിക്കാൻ പഠിക്കാത്ത വിദ്യ പഠിപ്പിക്കാൻ ലൗകികമായ കാര്യങ്ങളിലും അങ്ങനെയാണ് അപ്പൊ ഈ സംശയങ്ങളെല്ലാം ഛേദിക്കണം അതിന്റെ സമാധാനങ്ങളെ കൊണ്ട് ഛേദിക്കണം അങ്ങനെ ഛേദിക്കാൻ നിശ്ചയമുള്ളവരാക്കി പറ്റും അങ്ങനെ ആചാര്യൻ എന്ന് പറയുന്നത് അപ്പൊ ആചാര്യവാണ് ആ നിശ്ചയം എന്ന് പറയുന്നത് അതാണ് ആത്മ അപരോക്ഷത എന്ന് പറയുന്നത് അപ്രത്യക്ഷമല്ല പ്രത്യക്ഷം പോലെ പ്രത്യക്ഷത്തിൽ നമ്മളെന്ത് ചെയ്യുന്നു വസ്തുവിനെവിടെ ജ്ഞാനത്തിന് വിഷയമാക്കുന്നു ഇവിടെ എങ്ങനെയല്ല ഇവിടെ ശ്രുതിയിൽ നിന്ന് കിട്ടിയ ജ്ഞാന് പ്രതീതമായ ജ്ഞാന ആ ജ്ഞാനത്തെ ആശ്രയിച്ചുകൊണ്ട് തന്നെ പക്ഷെ ആ ജ്ഞാനം എന്ന് പറയുന്നത് ശ്രോതാവിലിരിക്കുന്നതാണ് ആചാര്യനെന്ത് ചെയ്യുന്നു തന്നിലിരിക്കുന്ന ആ നിശ്ചയാത്മകമായ ജ്ഞാനം അതുകൊണ്ട് ഇതിനെ തുടർന്ന് വരുന്ന വികല്പങ്ങളെ പരിഹരിക്കുന്നു ആചാര്യന്റെ ജ്ഞാനം കൊണ്ട് പരിഹരിക്കുന്നില്ല ആചാര്യന്റെ ജ്ഞാനം ശിഷ്യനിലേക്ക് വരുമ്പോൾ ആ ജ്ഞാനത്തെ ശിഷ്യൻ ഉൾക്കൊള്ളുമ്പോൾ ഉൾക്കൊള്ളുമ്പോൾ ശിഷ്യനുള്ള വികല്പങ്ങൾ പരിഹരിക്കുന്നു ലൗകികമായ വിഷയങ്ങളൊക്കെ ഇരിക്കുന്നിടത്തോ അങ്ങനെയാണ് നമ്മൾ കണക്കോ സയൻസോ ഒക്കെ പഠിക്കുന്നിടത്തോ അല്ല സംഭവിക്കുന്നു അല്ലേ സാറിന് ആ കാര്യം നമുക്കും അത് ബോധ്യമാകും പറയുന്ന രീതിയിൽ ചിന്തിച്ച് മനസ്സിലാക്കുന്നു ഇത്രയൊരു വ്യത്യാസമുള്ള അത് ബാഹ്യമായ ബുദ്ധിക്ക് വിഷയമായ ഇന്ദ്രിയങ്ങൾക്ക് വിഷയമായ കാര്യങ്ങളെ സംബന്ധിച്ച് അന്യമായ വിഷയങ്ങളെ സംബന്ധിച്ച് അവിടെ ആ പ്രക്രിയ ഇവിടെ അനന്യമായി സംഭവിക്കുന്നു അതുകൊണ്ടാണ് പറയുന്നത് ആചാര്യവാൻ വേദ അപ്പോ അടുത്ത് യഥോ വാചകം എന്ന് പറഞ്ഞു തൊട്ടടുത്ത് പറയുന്നു അറിയുന്നില്ല എന്ന് പറയുന്നു ആദ്യം അറിഞ്ഞു എന്ന് പറഞ്ഞു പിന്നെ അറിയുന്നില്ലെന്ന് പറയുന്നു അപ്പോ അവിടെയാണ് ആചാര്യന് പ്രാധാന്യം വരുന്നത് ഈ സംശയത്തെ ഇതാണ് വികല്പം ഇത് ശ്രുതി ബോധിപ്പിക്കുന്നത് ഇല്ലാത്ത ഒരു പുതിയ കാര്യത്തെ ബോധിപ്പിക്കുകയല്ല കേൾക്കുന്നവന്റെ മനസ്സിന്റെ വകല്പത്തെ തന്നെ ബോധിപ്പിക്കുന്നു അത് ശ്രുതി എന്തിനാ ബോധിപ്പിക്കുന്നു അതിനെ പരിഹരിക്കാൻ വേണ്ടി പരിഹരിക്കാൻ വേണ്ടി ബോധിപ്പിക്കുന്നു ബോധിപ്പിക്കുന്നത് ആചാര്യന്റെ സഹായം ഇല്ലാതെ ബോധിക്കാനൊക്കെ അതങ്ങനെ ആർക്കെങ്കിലും ബോധം വരികയാണെങ്കിൽ ഈ പറയുന്ന വികല്പങ്ങളെല്ലാം മുമ്പ് തന്നെ പരിഹരിക്കപ്പെട്ടവനായിരിക്കും വെച്ചാൽ ആചാര്യന്റെ സഹായത്തോടു കൂടി എപ്പോഴെങ്കിലും ഈ ജന്മത്തിൽ അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കൽപ്പിക്കുന്നു പൂർവ്വം ഒരു ജന്മം ഉണ്ടായിരുന്നു അവിടെ ഇതെല്ലാം പരിഹരിച്ചു അങ്ങനെ പരിഹരിച്ചിരിക്കുന്നു അങ്ങനെ പരിഹരിച്ച് ഈ ജന്മത്തിലത് കേൾക്കുമ്പോ ആ പ്രതീതി എന്ന് പറയുന്നത് സ്വയം അപരോക്ഷ പ്രതീതിയോ ശ്രവണത്തിൽ തന്നെ മനന നിദ്യാസനം വിശേഷിച്ച് സംഭവിക്കേണ്ട കാര്യമില്ല ശ്രവണഫലം മനനം മനനഫലം നിര്ത്യാസനം അല്ലെങ്കിൽ നിശ്ചയം അതിന്റെ ഫലം സത്സമ്പത്തി ഇതാണ് ഭാഷ്യകാരൻ പറയുന്ന ക്രമം സ്വസ്വരൂപത്തിലുള്ള അപരോക്ഷത അത് അതിന് അപരോക്ഷ നിശ്ചയം പറയും അത് ഈ വികല്പങ്ങളുടെ ഇല്ലായ്മയാണ് എന്നവിടെ പ്രത്യേകിച്ച് ഒരു ജ്ഞാനം അതിന് കൂട്ടിച്ചേർക്കുന്നില്ല ജ്ഞാനമുണ്ടവിടെ അതാണല്ലോ പറഞ്ഞ ആചാര്യന്റെ നിശ്ചയം അത് ജ്ഞാനമാണ് പക്ഷെ ആ ജ്ഞാനം നമ്മൾ ശ്രവണത്തിൽ നിന്നും മനനത്തിൽ നിന്നൊക്കെ എന്താ ആർജിക്കുന്നു ആർജിക്കുന്നവർ ജ്ഞാനമുണ്ട് ആർജിക്കുന്ന ഞാനും ഇല്ലെന്ന് പറയുന്നില്ല പക്ഷെ അത് പരമാർത്ഥമല്ല എന്നാണ് പറയുന്നത് എന്തുകൊണ്ട് പറഞ്ഞു ഏതോ വായിച്ചൊന്നും കൊടുക്കില്ല ഞാൻ ജ്ഞാനം കൊണ്ട് അവിടെ എത്തിച്ചേരാൻ വെക്കുന്നില്ല പിന്നെ അജ്ഞാനത്തിന്റെ ഉപയോഗം എന്താ പറയുക ശ്രവണത്തിൽ നിന്ന് ഉണ്ടായത് പ്രതീതി എന്ന് പറഞ്ഞു പ്രതീതി എന്ന് പറഞ്ഞാൽ എന്താണോ ഇനി വരാൻ പോകുന്ന വികല്പങ്ങളെ അവിടെ പരിഹരിക്കുന്നുണ്ട് എന്താണ് കാരണം വികല്പങ്ങൾക്ക് ആധാരമായിരിക്കുന്ന അജ്ഞാനം അറിവില്ലായ്മ അതങ്ങോട്ട് മാറുന്നില്ല അപ്പൊ അത് എവിടെ മാറുന്നു ഈ നിശ്ചയത്തിൽ വിജ്ഞായ എന്ന് പറയുന്ന വിജ്ഞാനത്തിൽ അത് മാറുന്നു ഈ വികല്പങ്ങളെ മാറ്റുന്ന വിജ്ഞാൻ ഈ വിജ്ഞാനം എന്താണ് ആ പ്രതീതിയിലുണ്ടായിരുന്ന അജ്ഞാനത്തെ തുടർന്ന് മനനത്തിലുണ്ടായിരുന്ന വിപര്യത്തെ വികല്പങ്ങള് ഇതിനെല്ലാം ഈ നിശ്ചയം പരിഹരിക്കുന്നു സ്വസ്വരൂപം എന്താണ് എന്തുകൊണ്ടത് ആചാര്യവാൻ പുരുഷ വേദ എന്ന് പറയുന്നു എന്തുകൊണ്ടതിന് നവേദ നിവർത്തന്ത എന്ന് പറയുന്നു ഇത്തരം സംശയങ്ങൾ ഉയരാത്ത നിശ്ചയം അതിന്റെ മൂലകാരണമായിരിക്കുന്നു അജ്ഞാനത്തെ നശിപ്പിക്കുന്നു അപരോക്ഷതയ്ക്ക് അല്ലെങ്കിൽ തടസ്സമായി നിന്നു വരുന്ന അജ്ഞാനത്തെ നശിപ്പിക്കുന്നു ഈ അവസാനത്തെ നിശ്ചയം സ്വസ്വരൂപ വിഷയത്തിൽ അജ്ഞാന സംശയവിപര്യങ്ങൾ ഇല്ലാതാകുന്നു നിശ്ചയാത്മകമായി ജ്ഞാനം ഉണ്ടാകൊണ്ട് പറയുന്നു ജ്ഞാനം അജ്ഞാനത്തെ നശിപ്പിക്കുന്നു വിപരീത ജ്ഞാനത്വം നശിപ്പിക്കുന്നു ജ്ഞാനം വികല്പങ്ങൾ നശിപ്പിക്കുന്നു അപ്പോ ഇത് രണ്ടും കൂടെ യോജിക്കുന്നു ഞാനതിനെ വെളിപ്പെടുത്തിയില്ലാതിന്റെ ആവശ്യമില്ല എന്തുകൊണ്ട് ആ അതിന്റെ സ്വരൂപമായ അപരോക്ഷതയിലാണ് ഈ ശ്രവണം മനന നിശ്ചയങ്ങളെല്ലാം സംഭവിച്ചത് അതിലാണ് സംഭവിച്ചത് അതുകൊണ്ടിത് അതിനെ വെളിപ്പെടുത്തുന്നു എന്ന് പറയാൻ പറ്റും അതിന്റെ പ്രകാശത്തിലാണ് സംഭവിച്ചത് പോലെ നേരത്തെ ഞാൻ പറഞ്ഞ ഉദാഹരണം പോലെ ബാഹ്യമായി പ്രകാശമുണ്ട് ബാഹ്യമായി വിഷയമുണ്ട് പക്ഷെ ഉള്ളിൽ നിന്നൊരു പ്രകാശം വന്നതിനെ പ്രകടമാക്കുന്നു അപ്പം നമ്മൾ പറയുന്നു അത് പ്രത്യക്ഷമായിരുന്നു ആ പ്രത്യക്ഷത്വം എന്തിൻ്റെയാണോ സൂര്യപ്രകാശത്തിൻ്റെയാണോ അതോ പുറത്തിടുന്ന വസ്തുവിൻ്റെയാണോ അല്ല ആ പ്രത്യക്ഷത്വം എന്ന് പറയുന്നത് ഉള്ളിൽ നിന്ന് വന്ന ആ പ്രകാശത്തിന്റെ പ്രത്യക്ഷത്വമാണ് ആ പ്രത്യക്ഷത്തെ ബാഹ്യമായ പ്രകാശത്തിനും പുറമെയുള്ള വിഷയത്തിനും നമ്മൾ ആരോപിച്ചിട്ട് കൽപ്പിച്ചിട്ട് പറയണം അത് പ്രത്യക്ഷമായി നിന്ന് വന്ന പ്രകാശമാണ് ആ പ്രകാശത്തിൽ ഉള്ള അനുഭവത്തെ നമ്മൾ പ്രത്യക്ഷം വന്ന് വിളിക്കുന്നൂ അല്ല ഇതെല്ലാം സ്വയം ബാഹ്യമായിരിക്കുന്നതാണ് പ്രത്യക്ഷമായിരുന്നെങ്കിൽ ഈ ഉള്ളിലെ പ്രകാശമില്ലാതെ ഇതൊക്കെ പ്രത്യക്ഷമാവും സംഭവിക്കുന്നില്ല ഉള്ളിലിരിക്കുന്ന പ്രകാശം പുറത്ത് വന്നാലേ ഇത് പ്രത്യക്ഷമാവും അതുകൊണ്ടാണ് സുഷക്തിയിലതൊന്നും പ്രത്യക്ഷമാകാതെ അവിടെ ഉള്ളിലിരിക്കുന്ന പ്രകാശം പുറത്ത് വരുന്നില്ല അതുപോലെ അപരോക്ഷമായിരിക്കുന്ന ആ പ്രകാശം ഉള്ളിലെ പ്രകാശം അതിന് ജ്ഞാനം എന്ന് പറയുന്നു സത്വം എന്ന് പറയുന്നു ആനന്ദം എന്ന് പറയുന്നു ചിത്തം എന്ന് പറയുന്നു അറിവെന്ന് ബോധമെന്ന് പറയുന്നു അതിന്റെ സ്വരൂപമായിരിക്കുന്ന അപരോക്ഷത ആ അപരോക്ഷതയുടെ സഹായത്തിലാണ് ഈ ശ്രവണം മനനം നിധിത്യാസനം ഇതെല്ലാം സംഭവിക്കുന്നത് അത് ആത്യന്തികമായി എന്ത് ചെയ്യുന്നു ഈ അപരോക്ഷതയ്ക്ക് തടസ്സമായ നീളം മാറ്റുന്ന ഏതുപോലെ ഉള്ളിൽ നിന്നൊരു പ്രകാശം വന്നു ബാഹ്യമായിരിക്കുന്ന വസ്തുവിനെ പ്രകാശിപ്പിച്ചു അതിനെ സംബന്ധിച്ച് അതുവരെ ഉണ്ടായിരുന്നു നമ്മുടെ അറിവില്ലായ്മ നീങ്ങി അത് നമ്മുടെ പ്രത്യക്ഷ അനുഭവമാണല്ലോ അറിവില്ലായ്മ നീങ്ങുന്നത് പുസ്തകത്തെ ഞാൻ അറിയാതിരുന്നു അറിയാതിരുന്നിടത്തോളം കാലം ഇതിന്റെ അറിവില്ലായ്മ ഉണ്ടായിരുന്നു അറിഞ്ഞപ്പോൾ അറിവില്ലായ്മ നീങ്ങുന്ന ഒരു സ്വ അനുഭവമാണ് ശാസ്ത്രം പറഞ്ഞിട്ടല്ല അത് ഇതിനെ സംബന്ധിച്ച് എനിക്ക് എന്തെങ്കിലും വികല്പങ്ങളോ എന്തെങ്കിലും വിപര്യങ്ങളോ ഉണ്ടായിരുന്നെങ്കിൽ അതെല്ലാം നീങ്ങി സ്വ അനുഭവമാണ് ജ്ഞാനം അജ്ഞാന സംശയങ്ങൾ വിപര്യങ്ങൾ നീക്കുന്നു എന്ന് പറയുന്നത് സ്വാനുഭവമാണ് പക്ഷെ ആ അനുഭവം വിഷയ തലത്തിൽ ഒതുങ്ങി നിൽക്കുന്നതിനുള്ളൂ ബാഹ്യാനുഭവത്തിൽ നിൽക്കുന്നൂ ബാഹ്യാനുഭവത്തിൽ ഇതിങ്ങനെയാണെങ്കിൽ ആ ബാഹ്യാനുഭവത്തിനും കാരണമായിരിക്കുന്നു അല്ലെങ്കിൽ ആ ബാഹ അനുഭവത്തിന്റെയും സ്വരൂപമായിരിക്കുന്ന ആത്മാവരോക്ഷതയിലും ഇതുതന്നെ സംഭവിക്കുമെന്നുള്ള എന്താ സംശയം അവിടെ സംശയിക്കാനും അപരോക്ഷതയ്ക്ക് തടസ്സമായിരിക്കുന്ന അജ്ഞാന സംശയ വിപര്യങ്ങള് ഈ നിശ്ചയം നിദിധ്യാസനം അത് മാറ്റുന്നു മാവ് സ്രോതും മന്ദം വിജ്ഞാതം ചക്യതേ ഇതിനെ ശ്രവിക്കാനും മനന ചെയ്യാനും വിജ്ഞാതം അതിനെ സംബന്ധിച്ച് ഉള്ള നിശ്ചയം അതിന് സാധ്യമാകും നിശ്ചയം എന്ന് പറയുന്നത് നമുക്ക് മനസിലാക്കാൻ വേണ്ടി പറയുകയാണ് ശ്രുതി പറയുമ്പോ അതിന് അപരോക്ഷം എന്ന് പറയും അപരോക്ഷം എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു പിടിയും കിട്ടത്തില്ല കുറച്ച് നമ്മുടെ ബുദ്ധിക്ക് വഴങ്ങാൻ വേണ്ടി നിശ്ചയമെന്നുള്ള പദം ഉപയോഗിക്കുന്നു അപ്പോ ഇത് അദ്വൈത പ്രക്രിയ അദ്വൈത സാധനയുടെ പ്രക്രിയ ഈ ശ്രവണം മനനം നിധ്യാസനം ശ്രവണം മനനം നിധ്യാസനം എന്ന് പറയുന്നതിന് ചിലർ ധ്യാനമെന്ന് പറയും ധ്യാനം എന്ന് പറഞ്ഞാൽ താല്പര്യം ഇത് എന്തായാലും മെഴുകരി കൊടുത്തി വെച്ചിട്ട് അതി നോക്കിക്കൊണ്ടിരിക്കുന്ന ധ്യാനമല്ല ഏകതാന ഏകതാനതാ മനസ്സിന്റെ അതിനാണ് ധ്യാനം എന്ന് പറയുന്നത് എന്നുവെച്ചാൽ മനസ്സിന്റെ ഒരേന്നില്ല വിവാദ ദീപ ചിത്തം ചിത്തം കാറ്റില്ലാത്ത വെളിച്ചം പോലെ എന്ന് പറയുന്നുലക്കുന്ന എന്താണ് കാറ്റാണ് അതിനെ ഒലയ്ക്കുന്നത് ജ്ഞാനത്തോലക്കുന്ന എന്താണ് ജ്ഞാനത്തോലയ്ക്കുന്ന കാറ്റെന്ന് പറയുന്ന ഇതാണ് സംശയോ വിപരീയോ അജ്ഞാനങ്ങളാണ് ജ്ഞാനത്തോലയ്ക്കുന്ന കാറ്റ് അതാണ് ശ്രുതി ബോധിപ്പിച്ചപ്പോഴും മനസ്സ് ഇങ്ങനെ പല തലങ്ങളിലൂടെ കടന്നുപോകുന്നു അപ്രതീതിയിലൂടെ പിന്നെ വികല്പങ്ങളിലൂടെ പിന്നെ നിശ്ചയത്തിൽ അപ്പൊ ജ്ഞാനത്തിന് ഇളക്കുന്നത് ഇത് മൂന്നുമാണ് അപ്പൊ ഇത് മൂന്നും പരിഹരിച്ചാൽ അതാണ് വിജ്ഞാനം അതിന് ധ്യാനം എന്നും പറയാം ധ്യാനത്തിനും അത് തന്നെ സംഭവിക്കുന്നു ഏകത്താനിദ്ധി നിത്യധ്യാസനം ഉച്ച എന്നും മറ്റു ആചാര്യന്മാർ പറയും വാ ഏകതാനത എന്ന് പറയുന്നത് ഇവിടെ ഇതാണ് ഇത് യോഗപക്ഷത്തിൽ വേറെയാണ് യോഗപക്ഷത്തിൽ അതിന് സമാധി എന്ന് പറയും അദ്വൈതപക്ഷത്തിൽ സമാധി എന്ന് പറഞ്ഞാൽ ജ്ഞാനം തന്നെ അദ്വൈതത്തിൽ സമാധി എന്ന് പറയുന്ന എതിരായ കാര്യം ധ്യാനം എന്ന് പറയുന്ന എതിരല്ല പക്ഷെ അവിടെയല്ല അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് ജ്ഞാനം എന്ന് തന്നെ ദോഷങ്ങളെ പരിഹരിക്കുന്ന ഞാന് ആ ജ്ഞാനത്തില് ഈ ദോഷങ്ങൾ പരിഹരിക്കുന്നു ശരി പരിഹരിച്ചാൽ എന്താ പിന്നീട് എന്താ ഈ പറയുന്ന ദോഷങ്ങളെല്ലാം ഇപ്പോ എനിക്ക് പുസ്തകത്തെ കാണുമെന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു പുസ്തകം പോട്ടെ അത് ആഗ്രഹം ഉണ്ടാകത്തില്ല ആനയെ കാണുമെന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു മനസ്സിലങ്ങനെ ഒരു ആഗ്രഹം പറയു അടുത്തൊരു അടുത്തൊരു ആനനിക്കൊണ്ട് പോയി നേരിട്ട് കണ്ടു ആനയെ കണ്ടു ഇതാണ് ആന മനസ്സിലായി അത്ര ആഗ്രഹം ഉണ്ടായിരുന്നു എന്റെ പുറത്തു കയറണമെന്നൊന്നും ഇല്ല അന്ന് കാണണം കണ്ടുകഴിഞ്ഞാൽ എന്താണ് പിന്നെ സംഭവിക്കുന്നത് ഏതൊരു വിഷയത്തിലാണോ നമ്മുടെ മനസ്സിന് ജിജ്ഞാസുണ്ടാകുന്നത് ആ വിഷയത്തിലുള്ള ജിജ്ഞാസ ശമിക്കുമ്പോൾ ആ ജിജ്ഞാസ എങ്ങനെ ശ്രമിക്കും അതിന്റെ പ്രത്യക്ഷമുണ്ട് അതിനെ സംബന്ധിച്ചുണ്ടായിരുന്ന എല്ലാ വിഭ്രാന്തികളും കൽപ്പനകളും എല്ലാം ഇല്ലാതാകുന്നു അജ്ഞാന വിപര്യങ്ങളെല്ലാം ഇല്ലാതാകുന്നു ആ ജ്ഞാനത്തിൽ കാരണം എന്റെ ജിജ്ഞാസ അതിനെക്കുറിച്ചായിരുന്നു ആ വിഷയത്തിൽ മനസ്സ് നിശ്ചിന്തമാകുന്നു മറ്റു വിഷയങ്ങളും വേറെ കിടപ്പുണ്ട് അതിലേക്ക് മനസ്സ് വീണ്ടും പോകും അത് ആ ഒരു വിഷയത്തെടുക്ക ഏതിനാണോ മനസ്സ് ജിജ്ഞാസ ഉണ്ടായത് ആ വിഷയത്തെ സംബന്ധിച്ച് മനസ്സ് നിശ്ചിന്തമാകുന്നു ഇതാണോ ആന ബോധ്യം വരുന്നു പ്രത്യക്ഷ ജ്ഞാനം നമ്മൾ പറഞ്ഞു പിന്നെ മനസ്സ് എനിക്ക് ആനയെ കാണണം ആനയെ അറിയണം എന്ന് പറയുന്ന ജിജ്ഞാസ ആ ജിജ്ഞാസയെക്കുറിച്ച് തുടർന്ന് മനസ്സിൽ വരുന്ന സങ്കല്പങ്ങൾ അതെങ്ങനെയായിരിക്കും പിന്നെ അതിനെ സംബന്ധിച്ച് വരുന്ന ഇച്ഛ ആഗ്രഹങ്ങൾ അതിനെങ്ങനെ കാണണം പിന്നെ അതിനുവേണ്ടി ചെയ്യുന്ന ഉപായങ്ങൾ അനുഷ്ഠാനം തുടങ്ങിയ കാര്യങ്ങളെല്ലാം ആ ഒരു സെക്കൻഡിൽ അവസാനിക്കുന്നു അതിനെ സംബന്ധിച്ച് വരുന്ന എല്ലാം അപ്പോൾ മനസ്സോടെ എന്തോ വരുന്നു മനസ്സോടെ നിശ്ചിന്തമായ അവസ്ഥയെ പറയുന്നു ഇവിടെ പറയും കൃത കൃത്യത എന്ന് പറയുന്നു മനസ്സ് കൃത കൃത്യമാകുന്നു ആ ഒരു വിഷയത്തെ സംബന്ധിച്ച് എന്തൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹിച്ചിരുന്നോ ഏതൊക്കെ വഴിക്ക് മനസ്സ് സഞ്ചരിച്ചിരുന്നോ അതെല്ലാം അവിടെ അവസാനിക്കുന്നു ഇനി എന്തെങ്കിലും പുതിയൊരു ജിജ്ഞാസമാണല്ലോ ആന കണ്ടു ഇത് ആണാണോ പെണ്ണാണോ വീണ്ടും ജിജ്ഞാസകളുണ്ടാവാം വീണ്ടും മനസ്സി സഞ്ചരിക്കും സമാധാനം കിട്ടുമ്പോൾ അവിടെ വീണ്ടും മനസ്സ് നിശ്ചിന്തമാകുന്നു ഏത് വിഷയത്തിലാണോ ജിജ്ഞാസുണ്ടായത് ആ വിഷയത്തെക്കുറിച്ചുള്ള നിശ്ചയം ഉണ്ടാകുമ്പോൾ മനുഷ്യ മനസ്സവിടെ നിശ്ചിന്തമാകുന്നു ഇത് ബാഹ്യമായ വിഷയങ്ങളിൽ നമുക്ക് അനുഭവമുള്ള കാര്യമാണ് സ്വസ്വരൂപത്തെ സംബന്ധിച്ച് അങ്ങനെയാണ് സ്വസ്വരൂപത്തെ സംബന്ധിച്ച് ഇതുവരെ നമ്മൾ വിശദീകരിച്ച തരത്തിൽ ഒരു നിശ്ചിന്തത വരുമ്പോ എന്ന് ആ നിശ്ചയം വരുമ്പോ അവിടെ നിശ്ചിന്തത പിന്നെ അതിനെ സംബന്ധിച്ച് വികല്പങ്ങൾ ഉണ്ടാകുന്നില്ല വിപരീത ബുദ്ധി ഉണ്ടാകുന്നില്ല അറിവില്ലായ്മ നിലനിൽക്കുന്നില്ല അവിടെ ആ വിഷയത്തിൽ അത് നിശ്ചിന്തമാകും അവിടെ പറയാം എന്താണ് മനസ്സ് കൃതകൃത്യം മനസ്സിലാണ് കൃതകൃത്യത അതിനെ സംബന്ധിച്ച് ചെയ്യേണ്ടതെല്ലാം ചെയ്തു കഴിഞ്ഞു ആ കൃതകൃത്യതയാണ് ഇവിടെ നാരദൻ ആവശ്യപ്പെടുന്നത് എങ്ങനെ സ്വരൂപജ്ഞാനം കൊണ്ടുവരുന്ന കൃതകൃത്യതാണ് അത് അതിന്റെ പ്രത്യേകത ഇതാണ് മറ്റു വിഷയങ്ങളെന്ന് പറഞ്ഞാൽ ഓരോ വിഷയങ്ങളിൽ മാറി മാറി മാറി ആ കൃതകൃത്യത വരുന്നു ഒന്ന് നേടിക്കഴിഞ്ഞാൽ അതിൽ സന്തോഷമായി പക്ഷെ വീണ്ടും അടുത്ത് വികല്പം വരുന്നു ഇവിടെ അതിൽ നിന്നു പ്രത്യേകതയുള്ള എന്താണ് ഇത് സ്വരൂപമാണ് ആ സ്വരൂപത്തെ കുറിച്ചുള്ള എന്താണ് അത് സർവാധാരമാണ് അത് സർവാത്മകമാണ് അതിന് അന്യമില്ല ഏകമേവോ അദ്വുതീ ഈ ആ ജ്ഞാനം ആ ജ്ഞാനത്തിൽ അതിന്റെ പൂർണതയായി പൂർണ്ണമത പൂർണ്ണമിത എന്നൊക്കെ എല്ലാവരേക്കുറിച്ച് പറയുന്നു അതിൽ പരിപൂർണമായ കൃതകൃത്യത അനുഭവപ്പെടുന്നു മറ്റങ്ങന വിഷയജ്ഞാനനിഷ്ഠമായ കൃതകൃത്യത പെട്ടെന്ന് മാറിപ്പോണമായ ആ കൃതകൃത്യത അനുഭവപ്പെടുന്നു ഏതത് വിഷയമോ ആത്മവിഷയമായി പിന്നീടൊരു കൃതാർത്ഥത ഇല്ലായ്മ അത് പിന്നീട് വരുന്നില്ല അതാണ് ഇതിന്റെ പ്രയോജനം സ്വസ്വരൂപത്തെ സംബന്ധിച്ചുള്ള അജ്ഞാന സംശയങ്ങൾ ആ വിജ്ഞാനം കൊണ്ട് മാറിയാൽ വരുന്ന സ്വരൂപം അവിടെ പറയുന്നു അവിടെ ശോകമില്ല ശോകത്തിന് നിമിത്തങ്ങളില്ല ശോകത്തിന് നിമിത്തമായി വരുന്നത് എന്താണ് അറിവ് ഇച്ഛ പ്രവൃത്തി ഇത് മൂന്നുമാണ് ശോകത്തിന്റെ നിമിത്തമായി വരുന്നത് സ്വസ്വരൂപത്തെ സംബന്ധിച്ച് പിന്നീട് ഒരു അറിവിന്റെ ആവശ്യമില്ല അതിനെ സംബന്ധിച്ചൊരു ഇച്ഛ ഉണ്ടാവുന്നില്ല അതിനെ സംബന്ധിച്ച് പിന്നീട് പ്രവൃത്തി സാധനങ്ങൾ ഒന്നിന്റെ ആവശ്യമില്ല ആ രീതിയിലാണ് ഇവിടെ ഭാഷകാരൻ തരത്തിലും പറയാൻ ഇതിനെ വേ ഇതിനറിയുന്നു അറിയുന്നു പറയുമ്പോ അത് മനസ്സിലാകുന്നു അങ്ങനെ ആചാര്യൻ തന്റെ നിശ്ചയത്തിലൂടെ അതിനെ ബോധിപ്പിക്കുന്നു ഏത്തോ വാച്ച ഒന്നുപോന്തേ എന്ന് പറയും അത് മറ്റ് പ്രത്യക്ഷം ആയതുപോലെയല്ല അത് അപരോക്ഷമാണ് ഈ നിശ്ചയം അതിനുള്ള ദോഷങ്ങളെ പരിഹരിക്കുമ്പോൾ അത് ശേഷിക്കുന്നുണ്ട് അതാണ് അപരോക്ഷം അപരോക്ഷത്തെ തൊട്ടു കാണിക്കാൻ പറ്റുന്നു മനസ്സാകരൻ പറയുന്നതാണ് വിവരൽ കുമ്പോണ്ട് അവിടെ തൊടാൻ കഴിയത്തില്ല അതിനെ വിഷയമാക്കി വിരഹിച്ചു കളയാമെന്ന് ആഗ്രഹിക്കുന്നു അതിനെയും പ്രത്യക്ഷമായിക്കളെ ആത്മാവിനെയും പ്രത്യക്ഷമായിക്കോള നമ്മുടെ ശീതവും പരിചയവും അനുഭവമൊക്കെ അതാണ് എന്തിനേയും പ്രത്യക്ഷമാക്കുക അതിവിടെ നല്ലതല്ല പക്ഷെ ഒന്ന് സംഭവിക്കും എന്താണോ അതിൻ്റെ അപരോക്ഷതയ്ക്കുള്ള ഒരു ആവരണം അത് മാറിക്കിട്ടും ഞാൻ ആവരണം ചെയ്യപ്പെടും അതെന്താ അതിന്റെ ഫലം എന്ന് പറഞ്ഞാൽ കൃതകൃത്യത ൃതം ആഗമജം അസ്ത്യസ്മാ ഭഗവത് ദൃശ്യഭ്യ അടുത്ത നാലദം പറയുണ് ആദ്യം പറഞ്ഞ എന്താണ് മന്ത്രവിദേവ അസ്മിൻ ആത്മവിത്ത് ഞാൻ ആത്മവിത്തല്ല മന്ത്രവിത്താണ് അതിനി നമ്മൾ പറയുന്നിടത്ത് കൂടുതൽ വിശദീകരിക്കും മന്ത്രവിത്ത് ആത്മവിത്ത് ശബ്ദജ്ഞാനോ ശബ്ദാർത്ഥ ജ്ഞാനോണ്ട് കഴിഞ്ഞ ദിവസം പറഞ്ഞതിൽ എന്താണ് അതിന്റെ താല്പര്യത്തിൽ നിശ്ചയം വരുന്നില്ല പറയുന്നു ഇത് നമ്മുടെ പുരാണത്തിലുള്ള നാരദനൊന്നും അല്ല ഇവിടെ പറയുന്നു ഇവിടെ പറയുന്നത് വേദാധ്യയനം ചെയ്ത സംഗോഭാംഗം വേദാധ്യയനം ചെയ്ത ഭാഷകാലം പറയുന്നു അങ്ങനെയുള്ളവരിടത്താണ് വേദമെല്ലാം അധ്യയനം ചെയ്തു വീണ്ടും ജിജ്ഞാസയുണ്ടായി ആ ജിജ്ഞാസ എന്നുള്ള നാനാശാസ്ത്രങ്ങൾ അധ്യയനം ചെയ്തു പുരാണത്തിൽ പറയുന്ന നാരദനെന്ന് പറയുന്നത് പൂർണ്ണ ജ്ഞാനിയാണ് ആ നാരദിനെ കുറിച്ചല്ല ഇവിടെ പറയുന്നു ആ നാരദന് വീണ്ടും സംശയമൊന്നു പറഞ്ഞാൽ ഞാനിക്ക് വീണ്ടും സംശയമൊന്നും അതല്ല ഇവിടെ പറയുന്നു ഇവിടെ പറയുന്നത് അതുകൊണ്ട് പറഞ്ഞൊരു കഥ ഇതിനൊന്നും ഒരു സംഭവമായിട്ടെടുക്കരുത് ഇവിടെ സർവശാസ്ത്രവും അധ്യയനം ചെയ്ത ഒരുവൻ ആ ശാസ്ത്ര അധ്യയനം ചെയ്യുന്നതിനുള്ള യോഗ്യതകളെല്ലാം ഉണ്ട് പക്ഷേ ആത്മതത്വത്തെ ആത്മനിഷ്ഠമായി അന്തർമുഖമായി ഒരാചാര്യന്റെ സഹായത്തോടു കൂടി വിചാരം ചെയ്തിട്ടില്ല അത് ചെയ്തില്ല അത് ചെയ്യാൻ പോകുന്നു അത്രയും എടുക്കാവൂ നാരദൻ പുരാണ നാരദൻ എന്ന് പറയുന്നുണ്ട് അതുപോലൊരു നാരദൻ പിന്നെങ്കിലും നാരദനെ കുറിച്ച് പറയുന്നത് എന്താണ് ബ്രഹ്മാവിന്റെ മാനസപുത്ര ഇങ്ങനെയൊരു നാലദിനണ്ടായിരുന്നു ശ്രുതിക്ക് വേണ്ടി ഒരു നാലുദിനണ്ടായിരുന്നു വേദമൊക്കെ പഠിപ്പിച്ചു പക്ഷെ ബോധം ഉണ്ടായില്ല പക്ഷെ ജ്ഞാനിയായ നാരദനല്ലോ ജ്ഞാനിക്ക് പിന്നെ സംശയം വരില്ല ജ്ഞാനിക്ക് പിന്നെ വേറൊരു അടുത്ത് പോയി സംശയം തീർക്കേണ്ട ആവശ്യമൊന്നും ഇവിടെ ആഗമജ്ഞനാണ് പക്ഷെ പറഞ്ഞു സ്വയം പറയുന്നവരെന്താണ് ഞാൻ മന്ത്രവിത്താണ് ശബ്ദജ്ഞാനമുണ്ട് ശബ്ദാർത്ഥ ജ്ഞാനമുണ്ട് താല്പര്യത്തെ എന്ന് പറഞ്ഞാൽ എന്താണോ വേദത്തിൽ തന്നെ വേദം അധ്യയനം ചെയ്തു കഴിഞ്ഞാൽ അടുത്ത് വരുന്ന കർമ്മം എന്ന് പറഞ്ഞ് വേദമീമാംസയാണ് പക്ഷെ അവിടെ സംഭവിക്കുന്നത് വേദത്തിന്റെ പൂർവകാണ്ഡത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ഒരു അതിന് വേണ്ടിയിട്ടുള്ള ശ്രമമാണ് അത് പൂർണ്ണമായും ബഹിർമുഖമാണ് എങ്ങനെ കർമ്മം ചെയ്യുന്നു കർമ്മത്തിന്റെ ഫലം എന്താണ് അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് അവിടെ ധരിക്കുന്നത് അപ്പോൾ അതെല്ലാം ചെയ്തു കഴിഞ്ഞ ആളാണ് ഇനി ഇത് അന്തർമുഖമാകും ശ്രവണമനന ഇതിഹാസങ്ങൾ പൂർണമായും അന്തർമുഖമാണ് അപ്പോൾ അന്തർമുഖമായ ധ്യാനം സംഭവിച്ചില്ല ഉത്തരപക്ഷത്തെക്കുറിച്ച് ചിന്തിച്ചുള്ളൂ പൂർവപക്ഷം മാത്രമേ ചിന്തിച്ചുള്ളൂ പൂർവീമാംസം മുഴുവൻ ഇവിടെ അദ്വൈതത്തിന് പൂർവപക്ഷമാണ് അതിന് ചോദിക്കാണ് ആ ഭാഗത്തേക്ക് എത്തിയില്ല അതാണ് മന്ത്രവിത്ത് എന്ന് പറഞ്ഞ ഭാഷകാലം കർമ്മവിത്ത് കർമ്മത്തിൽ നിന്നും ഒരു പടിവിലും മുന്നോട്ട് പോയി എന്നാൽ കുറച്ചുകൂടി അന്തർമുഖമായി വരുന്നതാണ് ഉപാസൻ അതുകൊണ്ടാണ് അടുത്ത് ചിന്തിക്കാൻ വേണ്ടി പറയുന്നത് കാരണം ഒരു കർമ്മകാണ്ടി എന്ന് പറയുമ്പോൾ അത്രയും ബഹിർമുഖനാണ് അവനീ അദ്വൈതബോധത്തെ ഒരിക്കലും ഗ്രഹിക്കാനേ കഴിയത്തില്ല അത് പ്രത്യേകം പറയും യാഗമോ അല്ലെങ്കിൽ പൂജയോ ഒക്കെ ചെയ്ത് ദക്ഷിണം വാങ്ങി ജീവിക്കുന്നവർക്ക് ഒരിക്കലും അന്തർബോധം ഉണ്ടാവത്തില്ല കാരണം അത് അത്രമാത്രം ബഹിർമുഖമാണ് എപ്പോഴും അവന്റെ ചിന്ത കർമ്മത്തിനും ഫലത്തിനുമാണ് അതിന് വിട്ടുമാറി അഖിമുഖമാകാതെ എങ്ങനെ ഉണ്ടാകും അതുകൊണ്ട് ആ അന്തർമുഖതയുടെ വഴിക്ക് സഞ്ചരിക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഉപാസനകൾ നിർദ്ദേശിച്ചു കൊടുക്കുകയാണ് പക്ഷേ ഈ പറയുന്ന ആള് പറഞ്ഞേ സർവശാസ്ത്രം അധ്യയനം ചെയ്യുന്നു അപ്പൊ ശോകം ശോകനിവൃത്തി തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് അറിയാം ശോകനിവൃത്തി സംഭവിക്കും പക്ഷെ അതിന്റെ ശരിയായ ഉപായത്തിന്റെ വഴിക്ക് സഞ്ചരിച്ചു തന്നെ ഉള്ളു വേദം അധ്യയനം ചെയ്യുന്നവന് ആത്മാവിനെക്കുറിച്ചും അറിയണം തത്തമുസിയെക്കുറിച്ചും അറിയണം ബന്ധത്തെക്കുറിച്ചും മോക്ഷത്തെക്കുറിച്ചുമൊക്കെ അറിയണം പക്ഷെ അതിന്റെ വഴിക്ക് സഞ്ചരിക്കില്ലേ വേറെ വഴിക്ക് സഞ്ചരിച്ചിട്ട് കാര്യമില്ലല്ലോ അതിനുവേണ്ടിട്ടാണ് ചെല്ലുന്നത് എന്താണ് ഞാൻ കേവലം മന്ത്രവിത്താണ് ശ്രുതം ഹേവ മേ ഭഗവത് ദൃശ്യ അങ്ങേപ്പോലുള്ള ആചാര്യന്മാരിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് വേദാധ്യയനം ആചാര്യനെ കൂടാതെ സംഭവിക്കുന്നു വേദം ഗ്രഹിച്ചവനെ അത് ബോധിപ്പിക്കാൻ പറ്റും അതുകൊണ്ട് പല ആചാര്യന്മാരും അതുപോലെ പല ആചാര്യന്മാരും അല്ലെ പല വിദ്യകളും പഠിച്ചത് ഏത് വിദ്യ പറഞ്ഞാലും ശരി ഇവിടെ പ്രത്യേകിച്ചും വേദമൂലകമായിട്ടുള്ള ഏത് വിദ്യ ആയാലും ശരി അതിന്റെയൊക്കെ ഫലം ഫലത്തെക്കുറിച്ച് പറയും പറയും നിർവൃതിയാണ് ഫലം ഏത് ശാസ്ത്രമായാലും ശോകനിവൃത്തിയാണ് ഫലം പക്ഷെ ആ വഴിക്ക് പോയാൽ ശോകനിവൃത്തി ഉണ്ടാകത്തില്ല താത്കാലിക ശോകനിവൃത്തി ഉണ്ടാകത്തുള്ളൂ അതുകൊണ്ട് തന്റെ ശാസ്ത്രജ്ഞാനത്തിൽ നിന്നുകൊണ്ട് തന്നെയാണ് പറയുന്നത് എന്താണ് ശ്രുതം ആഗമജ്ഞാനം അസ്തി അതൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് എന്നിൽ ആറിവെല്ലാം ഉണ്ട് ദുഃഖ നിവൃത്തിക്ക് ഉപായം ഉണ്ടെന്നറിയാം പക്ഷെ ആ വഴിക്ക് പല വഴിക്ക് സഞ്ചരിച്ചിട്ടും സംഭവിക്കുന്നില്ല ഈ മമ ഭഗവത് ദൃശ്യോ വിഷ്ണുസദൃജേഭ്യോ അങ്ങനെ പോലുള്ള ഇന്ന് ആത്മവിദ്യയുടെ ആചാര്യനാണ് മറ്റു പല വിദ്യകളുടെയും ആചാര്യന്മാരെ സമീപിച്ചിട്ടുണ്ട് എല്ലാ വിദ്യാചാര്യന്മാരുണ്ടോ പക്ഷെ അവിടെ നിന്നും കൃതകൃത്യതാണ് ആത്മതൃപ്തി അത് ഈ വിദ്യകളിൽ നിന്നും ഉണ്ടാവാതിന് പറയുന്നു എന്താണ് തരതി അതിക്രാമതി ശോകം മനസ്താപം അ കൃതാർത്ഥബുദ്ധിത ആത്മവിത്ത് ശോകത്തെ അതിക്രമിക്കുന്നു അക്കാര്യം ഞാൻ കേട്ടിട്ടുണ്ട് പലതും പരീക്ഷിച്ചു പക്ഷെ അത് സംഭവിക്കുന്നില്ല വേദത്തിൽ നിന്ന് തന്നെ കിട്ടുന്ന ആത്മവിത്ത് അപരോക്ഷത ഉള്ളവൻ ആത്മബോധമുള്ളവൻ ഈ ശോകത്തെ തരണം ചെയ്യുന്നു എന്താണ് ഈ ശോകമെന്ന് പറയുന്നത് ആത്യന്തികമായി ശോകം എന്ന് പറയുന്ന പറയുന്നു അകൃതാർത്ഥ ബുദ്ധിതാ അത് ശോകനിമിത്തവും ശോകവുമാണ് കൃതാർത്ഥ ബുദ്ധി ഇല്ലാതിരിക്കുക കൃതാർത്ഥത അനുഭവപ്പെടാതിരിക്കുക ഇനിയും പലതും ചെയ്യാനുണ്ട് ഇനിയും പലതും നേടാനുണ്ട് എന്നൊരു ബോധം വന്നു കഴിഞ്ഞാൽ ഉടനെ അതിനെ കുറിച്ചുള്ള അറിവായി അന്വേഷണമായി യത്നമായി ദ്വന്ദ്വാത്മകമായ ഫലമായി കുറച്ച് നേടും കുറച്ച് നഷ്ടപ്പെടും അതനുസരിച്ച് സുഖ ദുഃഖാനുഭവം ഉണ്ടാവും ആത്മബോധമില്ലാതെ സംഭവിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് പറയുന്നത് ഞാനത് കേട്ടിട്ടുണ്ട് മനസ്തം അത് പൂർണമായും ഒഴിവാക്കാം എന്താണ് ആ കൃതാർത്ഥ ബുദ്ധ്യത നേരത്തെ പറഞ്ഞ കൃത കർത്യതയ്ക്ക് നേരെ വിപരീതം അതാണ് ആ കൃതാർത്ഥ ബലും തന്റെ കർത്തവ്യമായി അവശേഷിക്കുന്നു എന്തെങ്കിലും എനിക്ക് നേടാനുണ്ട് എന്ന് തോന്നിക്കഴിഞ്ഞാൽ ദുഃഖം അത് തോന്നെനിക്ക് മോക്ഷം നേടണം ോന്നിയാ ദുഃഖം ആയതുകൊണ്ട് അത് കിട്ടാത്ത അത് കിട്ടിയില്ലല്ലോ എന്നുള്ള ദുഃഖം എന്നാ എല്ലാം നേടിയിൽ നിന്ന് സ്വയം വിചാരിച്ചാൽ മതി എല്ലാം നേടി എന്ന് വിചാരിച്ചാലും എല്ലാം നേടാൻ ഒക്കത്തില്ല അതുകൊണ്ട് തന്നെ ദുഃഖം വീണ്ടും ശേഷിക്കും എല്ലാം നേടിയ സ്വരൂപ ബോധത്തെ എന്തൊക്കെയാണോ തടസ്സമായി നിൽക്കുന്നത് മാറിക്കഴിഞ്ഞാൽ അതിനെ സംബന്ധിച്ചൊന്നും നേടാനില്ല അവിടെയാണ് കൃതാർത്ഥത അതിൽ തന്നെ അവിടെ എന്തൊക്കെയാണ് അർത്ഥങ്ങൾ നേടേണ്ടത് വ്യക്ത നിവൃത്തി സംശയം നിവൃത്തി വിപരിയ നിവൃത്തി ഏതാണ് ഇവിടുത്തെ അർത്ഥം പുരുഷാർത്ഥം എന്ന് പറയും അത് കൃതമായി കഴിഞ്ഞാൽ അത് നേടിക്കഴിഞ്ഞാൽ പിന്നിലൂടെ ദുഃഖമില്ല അതില്ലാത്ത കൊണ്ടുള്ള ദുഃഖം ഇല്ലാതാകുന്നു അയാൾ ആത്മവിഷയത്തിലായാൽ കൃതകൃത്യനാകുന്നു നിശ്ചിന്തനാകുന്നു ആത്മവിത്ത് ഇത് ആത്മവിത്തിനെ തന്നെ കുറിച്ച് ബോധമുള്ളവനെ പറ്റൂ എന്ന് ഞാൻ കേട്ടിരിക്കുന്നു ഭഗവത് ഡ സേബ്യു മഹാത്മാക്കൾ പറഞ്ഞ കേട്ടിരിക്കുന്നു അതുകൊണ്ട് അതിനുള്ള അന്തർമുഖമായി സ്വസ്വരൂപത്തെ അറിയുന്നതിനുള്ള ഉപായം അത് ബോധിപ്പിക്കണം എന്ന് വിദ്വാനായ ആത്മനിഷ്ഠനായ ഗുരുവിനോട് ചോദിക്കുന്നു